പിന്നീട് അവർക്കു ശേഷം മൂസ അലഹിസലാമിനെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി ഫിർആൌവിൻറെയും അവന്റെ പ്രമുഖരുടെയും അടുക്കലേക്ക് നാം നിയോഗിച്ചു എന്നാൽ അവർ അതിലൂടെ അക്രമം പ്രവർത്തിച്ചു അതിനാൽ നാശമുണ്ടാക്കിയവരുടെ അന്ത്യം എങ്ങനെയുള്ളതായിരുന്നു എന്ന് നോക്കുക